ം പതിനൊന്ന് അനന്തരം ഇസ്രയേലെല്ലാം ഹെബ്രോനിൽ ദാവിദിന്റെ അടുക്കൽ ഒന്നിച്ചുകൂടി പറഞ്ഞത് ഞങ്ങൾ നിന്റെ അസ്ഥിയും മാംസവുമല്ലോ മുമ്പേ ഷൌൽ രാജാവായിരുന്ന കാലത്തും നീയായിരുന്നു നായകനായി ഇസ്രയേലിനെ നടത്തിയത് നീ എന്റെ ജനമായ ഇസ്രയേലിനെ മേയ്ക്കുകയും എന്റെ ജനമായ ഇസ്രയേലിന് പ്രഭുവായിരിക്കുകയും ചെയ്യുമെന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നോട് അരുളി ചെയ്തിട്ടുമുണ്ട് ഇങ്ങനെ ഇസ്രായേൽ മൂപ്പന്മാരൊക്കെയും ഹെബ്രോനിൽ രാജാവിന്റെ അടുക്കൽ വന്നു ദാവീദ് ഹെബ്രോനിൽ വെച്ച് യഹോവയുടെ സന്നദ്ധിയിൽ അവരോട് ഉടമ്പടി ചെയ്തു ഷമുയൽ മുഖാന്തരം യഹോവ അരുളി അവർ ദാവീദിനെ ഇസ്രയേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്തു പിന്നെ ദാവീദും എല്ലാ ഇസ്രയേലും യബൂസ് എന്ന യരുഷലമിലേക്ക് ചെന്നു അവിടെ ദേശനിവാസികളായ യബൂസിയർ ഉണ്ടായിരുന്നു യബൂസ് നിവാസികൾ ദാവീദിനോട് നീ ഇവിടെ കടക്കയില്ല എന്നു പറഞ്ഞു എങ്കിലും ദാവീദ് സിയോൺ കോട്ട പിടിച്ചു അതാകുന്നു ദാവീദിന്റെ നഗരം എന്നാൽ ദാവീദ് ആരെങ്കിലും യബൂസിയരെ ആദ്യം തോൽപ്പിച്ചാൽ അവൻ തലവനും സേനാധിപതിയും ആയിരിക്കും എന്നു പറഞ്ഞു അങ്ങനെ സെരൂയയുടെ മകൻ യോവാബ് ആദ്യം കയറിച്ചൊന്ന് തലവനായിത്തീർന്നു ദാവീദ കോട്ടയിൽ പാർത്തതുകൊണ്ട് അതിന് ദാവീദിന്റെ നഗരം എന്നു പേരായി പിന്നെ അവൻ നഗരത്തെ മില്ലോ തുടങ്ങി ചുറ്റും പണിത് നഗരത്തിന്റെ ശേഷമുള്ള ഭാഗം യോവാബ് കേടുതീർത്തു സൈന്യങ്ങളുടെ ഹോവ തന്നോടു കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രബലനായിത്തീർന്നു ദാവിദിനുണ്ടായിരുന്ന പ്രധാന വീരന്മാർ ആവിത് ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ വചനപ്രകാരം അവനെ രാജാവാക്കേണ്ടതിന് അവർ എല്ലാ ഇസ്രയേലുമായി രാജത്വം സംബന്ധിച്ച് അവന്റെ പക്ഷം മുറുക പിടിച്ചു ദാവീദിനുണ്ടായിരുന്ന വീരന്മാരുടെ സംഖ്യയാവിത് മുപ്പത് പേരിൽ പ്രധാനിയായി ഒരു ഹക്കമോന്യന്റെ മകനായ യശോബയാ അവൻ മുന്നൂറ് പേരുടെ നേരെ കുന്തമൂങ്ങി ഒരേ സമയത്തവരെ കൊന്നുകളഞ്ഞു അവന്റെ ശേഷം അഹോഹിയനായോവിന്റെ മകൻ എലയാസ അവൻ മൂന്ന് വീരന്മാരിൽ ഒരുത്തനായിരുന്നു ഫിലിസ്തീർ ഫസ്ദമ്മീമിൽ യുദ്ധത്തിന് കൂടിയപ്പോൾ അവൻ അവിടെ ദാവിദിനോടു കൂടെ അവിടെ യവം നിറഞ്ഞ ഒരു വയൽ ഉണ്ടായിരുന്നു പടജനം ഫിലിസ്തീരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ അവർ വയലിന്റെ മധ്യ നിന്ന് അതിനെ കാത്തു ഫിലിസ്തീരെ വെട്ടിക്കളഞ്ഞു യഹോവർക്ക് വലിയൊരു ജയം നൽകി ഒരിക്കൽ ഫിലിസ്തീരുടെ സൈന്യം രഫയിം താഴ്വരയിൽ പാളയമിറങ്ങിയിരിക്കുമ്പോൾ മുപ്പത് തലവന്മാരിൽ മൂന്നു പേർ പാറയിങ്കൽ ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു അന്ന് ദാവീദ് ദുർഗത്തിൽ ആയിരുന്നു ഫിലിസ്തീർക്കാലത്ത് ബേത്ത്ലഹേമിൽ ഒരു കാവൽ പട്ടാളം ഉണ്ടായിരുന്നു ബേത്തലെഹേം പട്ടണവാതുക്കളെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിപ്പാൻ ആർ കൊണ്ടുവന്ന് തരുമെന്ന് ദാവീദ് ആർത്തി പൂണ്ട് പറഞ്ഞു അപ്പോൾ ആ മൂന്ന് പേരും ഫിലിസ്തീനയുടെ പാളയത്തിൽ കൂടി കടന്നു ചെന്ന് ബേത്തലഹേം കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവിദിന്റെ അടുക്കൽ കൊണ്ടുവന്നു ദാവീദോ അത് കുടിപ്പാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ച് ഒഴിച്ചു ഇത് ചെയ്യുവാൻ എന്റെ ദൈവം എനിക്ക് സംഗതി വരുത്തരുതേ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചു പോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ അവർ തങ്ങളുടെ പ്രാണനെ ഉപേക്ഷിച്ചല്ലോ അത് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനത് കുടിപ്പാൻ മനസ്സായില്ല ഇതാകുന്നു ഈ മൂന്ന് വീരന്മാർ ചെയ്തത് യോ സഹോദരനായ അബിഷായി മൂവരിൽ തലവനായിരുന്നു അവൻ മുന്നൂറ് പേരുടെ നേരെ കുന്തമൂങ്ങി അവരെ കൊന്നു അതുകൊണ്ടവൻ ആ മൂവരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു ഈ മൂവരിൽ രണ്ടുപേരെക്കാൾ അധികം മാനം അവൻ പ്രാപിച്ചു അവർക്ക് നായകനായി തീർന്നു എന്നാൽ അവൻ മറ്റേ മൂവരോളം വരികയില്ല കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകനായ ബനായാവും വീരപ്രവൃത്തികൾ ചെയ്തു അവൻ മോവാബിലെ അരിയേലിന്റെ രണ്ടു പുത്രന്മാരെ സംഹരിച്ചതല്ലാതെ ഹിമകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നുകളഞ്ഞു അവൻ അഞ്ചുമുഴം പൊക്കമുള്ള ദീർഘകായനൊരു മിസ്രീമിനെയും സംഹരിച്ചു ആ മിശ്രയിമന്റെ കൈയിൽ നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ഒരു കുന്തമുണ്ടായിരുന്നു ഇവനോ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിശ്രയിമന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചുപറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നുകളഞ്ഞു ഇവ യഹോയാദയുടെ മകനായ ബനായാവോ ചെയ്തു മൂന്ന് വീരന്മാരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു അവൻ മുപ്പത് പേരിലും മാനമേറിയവനായിരുന്നു എങ്കിലും മറ്റേ മൂവരോളം വരികയില്ല ദാവീദവനെ അകമ്പടി നായകനാക്കി സൈന്യത്തിലെ വീരന്മാരോ യോവാബിന്റെ സഹോദരനായ അസാഹിൽ ബെത്ലഹേമ്യനായോവിന്റെ മകൻ എൽ ഹാനാൻ ഹരൂരിയനായ പെലോന്യനായ ഹേലസ് തെക്കോവ്യനായ ഇക്കേഷന്റെ മകൻ ഈര അനാഥോത്യനായ അബിയേസ് ഹൂശാത്യനായ സിബഖായി അഹോഹ്യനായ ഈലായി നെതോഫാത്യനായ മഹരായി നെതോഫാത്യനായ ബാനയുടെ മകൻ ഹേല ബെന്യാമീനരുടെ ദിബയിൽ നിന്നുള്ള രീബയുടെ മകൻ ഈഥായി പരാധോന്യനായ ബനായാവ് നഹലേഗാശിൽ നിന്നുള്ള ഖൂരായി അർബാത്യനായ അബിയേൽ ബഹരൂമ്യനായ അസ്മാവിത് ഷയൽബോന്യനായ എല്യാഹ്ബ ഗീസോന്യനായ ഹഷീമിന്റെ പുത്രന്മാർ ഹരാരിയനായ ഷാഗയുടെ മകൻ യോനഥാൻ ഹരാരിയനായ സഖാറിന്റെ മകൻ അഹിയാം ഊരിന്റെ മകൻ എലിഫാൽ മെഖേരാത്തിനായ ഹേഫർ പെലോന്യനായ അഹിയാവ് കർമയില്യനായ ഹെസ്റോ എസ്ബായിയുടെ മകൻ നയരായി നാഥാന്റെ സഹോദരൻ യോവേൽ ഹഗ്രിയുടെ മകൻ മിബാർ അമ്മോന്യനായ സേലക് സെരൂയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകനായ ബരോത്യൻ നഹറായി ഇത്രീയനായ ഈര ഇത്രീയനായ ഗാരേ ഹിത്യനായ ഊരിയാവ് അഹ്ളായിയുടെ മകൻ സബാദ് രൂപന്യരുടെ സേനാപതിയും മുപ്പതുപേർ അകമ്പടിയുള്ളവനുമായി രൂപന്യനായ ഷീസയുടെ മകൻ അദീന മയക്കയുടെ മകൻ ഹാനാൻ മിറ്റനായ യോഷഫത്യനായ ഉസിയാവ് അരോവേറിയനായ ഹോഥാമിന്റെ പുത്രന്മാരായ ശ്യാമ എ ഇ മകനായ യദീയൽ തീസ്യനായി അവന്റെ സഹോദരനായ യോഹ മഹവ്യനായ എലിയേൽ എൽനാമിന്റെ പുത്രന്മാരായ എരിബായ് യോഷയ്യാവ് മൊവാബ്യൻ ഇത്മ എലിയേൽ ഓബേദ് മെസോബ്യനായ യാസിയേൽ എന്നിവർ തന്നെ